ശ്രീമുഖേ വർഷത്തിൽ സിദ്ധസൗതി സുദാശിവസമാരംഭാം അസ്മദാചാര്യവരി ശിവരുളാ ത്പങ്കരം സമഹാദാഷ വന്നേ ഹോ ഭരോ ഗുരുരാ േഹനോ ണി ഐതാത്മിമംസ തേഗേ ഭൂയേ മാ ഭഗവാൻ പ്രജ്ഞാത് തധാ സോമ്യൂവാച യഥ സോമ്യ മധുഗ്രതോ നിഷന്തി നാണ വൃക്ഷാ രസപഹാരം യം രസം ഗമയത്തിന് വിവേകം ലഭന്തി ഹേ തേ ഇഹ വ്യാഖ്രോ സിംഹോവാ വൃക്കോ വരാഹോ तदा പതോ ദംശോ മസകോ വേദി താഭീ സേശോ അണിമാത്മീമിതം സർ തത്സ്യം സത്മാ तथा ശിഷ്യകേതോ वाचा വിജാത് തധാ സോമ്യോവാചമാ സോമ്യ നാശ്യ സന്താത് പ്രതീച്ച താ സമുദ്രാ समुद्र एव एव ये ये महम महम അപ്പിയന്ത സ സമുദ്രവതിഥിഹമസ്മി ഇയംമഹമസ്മീതിയമേ ഖല സോമ്യ മാ सद വിദു സാമി തയ്യാ വ്യാവാ സിംഹോവാറക്കോ മരാഹോ കീടോ പതംഗോ ദംശോ മശകോ തീ സേശോണിമാത്മിതം സർവമേതേ ൂയേവൻ വിജ്യത്ഥ സുവാച്യമത്വക്ഷൂലേ അഭ്യഹനാ ജീവൻ സ്രവേ യോ മധ്യേ അഭ്യഹനസ്രവേത് യോ അഗ്രേ അഭ്യഹനാ ജീവൻ സർവേ സേഷ ജീവേനത്മന അനു പ്രഭൂത പേ പീയമാനോ മൂതമാനത്തിഷത്തി അസീതേക്കാം സാഖം ജീവോ ജഹാതി അഥ സുഷ്യ തീയാ ജതി അഥ സുഷ്യ തൃതീയാം ജതി അഥ സുഷ്യ सर्वं ജതിർവ്യതിലു സൗമ്യ വിധ്യേതി अनिमा, വില ഇതം മിയത നീവോ മിത സേശോ आत्मा, സത്യം സ ആത്മാശിഷ്യേതകേദോ ൂയേ മാ ഭഗവാൻ വിജ്ഞാപയ തധമ്യോവാച നിഗ്രോധലം അതരേത് ഇതം ഭഗവൈതിഗവൈതി കിമത്ര പശ്യത്തി അണ്യ ഇമാധാന ഭഗവൈതി ആസമംഗ ോ ഭിന്ദേതിഗവൈതി കിമത്ര പശ്യസീതി നഗവൈതിച എം വൈ സോമ്യേതണുമാനം നിഭാരയസേ ഏതോമ്യേശോണി മഹാന് നിഗ്രോധസ് തിഷത്തി ശ്രദ്ധുസ്യോമ്യേതിർ സത്യം സാത്മാശിശ്യേതകേതു ഭൂയേ മാ ഭഗവൻ വിജ്ഞാപയ തധാസ്വം യുദ്ധി ഉചണമേതുഗേ അവധാ അധ്മാ പ്രാദുർഭസീ തധാതിഥോവാച യദ്ദോഷ ലവണമുദഗേ അവാധ അംഗതാഹരേതി ശിനി ലവണമതി മധ്യമേതി ലവണമേണമിപ്രാസ്യേതോദർത്ത സംഹോവാച അത്രല തോമ്യഭാരയസേ അത്രലേതിഷോ വണിമ ഏതാം നിമിതം സത്യം സാത്മാമസി ഭൂയ ഭഗവാൻ വിജ്ഞാപയ തധാസ്വമ്യോവാച യഥസ്വമി കൃഷ്ണം കാണദ്ധാക്ഷം ആനയതം തോ അധിജേ സാമൂതം വധരാങ്മാപത്തി അവിനദ്ക്ഷനീതോ അവിനദ്ധാക്ഷോ വിശിഷ്ടി നമുച്ച പ്രബ്യയാ ഗന്ധാര യാ ദിശം വ്രജേതി സാമാഗ്രാമം പച്ച പണ്ഡിതോ മേധാവീ ലന്ധാരാനേവസംപേതമേവാഹാചാര്യമാൻ പുരുഷോ വേദ തിരം ഞാവന്നിമോക്ഷേ അഥ സമ്പ യൂല ദേഹമാവശതി ജീവ സൂതാത്മാർ തദ്താത്മാന സദാഖ്യനത്മന ജഗത്ത് ആത്മാസാര്യോത്ര ശ്രുത്യന്ത്രൂമാവിശീവ ചർച്ച ചെയ്തത് സുശൃത്തി മരണം മൂർച്ച കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു അവിടെ എല്ലാം ഭാഷകാരും പറഞ്ഞു സത്സമ്പത്തി പരമാത്മാവിനെ പ്രാപിക്കുന്നു ജീവഭാവം പിടിയുന്നു ഇതിനെ സ്പഷ്ടമായി പറഞ്ഞു യസ്മാ അതിനെ മൂഢം കാരണം എന്ന് പറയുന്നു എവിടെ നിന്ന് വന്നപ്പോഴാണോ ഈ ജീവഭാവം വന്നത് എവിടെ എത്തിയപ്പോഴാണോ ഈ ജീവഭാവം നഷ്ടപ്പെട്ടത് അതുതന്നെയാണ് ഈ ജീവഭാവത്തിന് കാരണമായിരിക്കുന്നത് കാരണത്തെ അനുഷ്ഠിച്ച് വളരെ ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല ആ കാരണം ഉത്ഥാനത്തിന് ഹേതുവായിരിക്കുന്ന അസുപ്തൻ അത് തന്നെ കാരണം സുപ്ത പുരുഷൻ അതാണ് അതാണ് അവിടെ നിന്നെന്താ സംഭവിക്കുന്നത് അവിടെ നിന്നും തന്നെ സ്വയം ജീവഭാവത്തെ പ്രാപിക്കും ജീവഭാവത്തെ പ്രാപിച്ച് പ്രാപിക്കും പക്ഷെ ഇതിന് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം അദ്ദേഹത്തോട് താതാന്യപ്പെടുന്നു ഇതിനാണ് അദ്വൈതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന അധ്യാസം എന്ന് പറയുന്നു അത് സുഷൃഷ്ടി നിന്നുള്ള ഉണർവിലാണ് അതാരംഭിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണരുമ്പോൾ ആ താതാന്മ്യം സംഭവിക്കുന്നു ചൈതന്യത്തിന് അദ്ദേഹം ആവിശ്വസിക്കുക സയ സദാഖ്യ അത് എവിടെ നിന്നാണോ അത് ആരംഭിച്ചത് ഈ ജീവഭാവം ഉണ്ടായത് പ്രപഞ്ചപ്രതീതി ഉണ്ടായത് എവിടെ നിന്നാണോ സയ സദാഖ്യ അതിനാണ് സത്ത അതാണ് ഇതുവരെയും ചർച്ച ചെയ്തത് സയ എന്ന് പറയുന്നത് അതിനാണ് സദൈവ സൗമ്യ ആസീത് എന്ന് പറഞ്ഞ സത് സാഖ്യേശ ഗു അണിമ അണുഭാവോ അതാണിതിനെല്ലാം സൂക്ഷ്മ കാരണമായിരിക്കുന്നത് ജഗത്തോ മൂലം ജഗത്തിന് മൂലമായിരിക്കുന്നു ഇവിടെ ജീവനെ കുറിച്ച് പറയും ആ ജീവൻ എവിടെ നിന്നാണോ പ്രകടമായത് അത് സത്ത് അത് ജഗത്തിന് മൂലമാണ് ഇപ്പോൾ ജീവൻ ഉൾപ്പെടെയുള്ളതാണ് ജഗത് താൻ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല താൻ കൂടെ ചേർന്നാണ് ജഗത്ത് ഇപ്പൊ താൻ ഉൾപ്പെടെയുള്ള ഈ ജഗത്തിൻ്റെ മൂലം ഐതദാത്മ്യം പറയുന്നു ആ മൂലത്തെ കുറിച്ച് പറയുന്നു ഐദാത്മ്യം എന്നാണ് ഏതത് സദാത്മാ സദേവ സദേവെന്ന് ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന സദാത്മാന്ന് സത് സ്വരൂപം ആയിരിക്കുന്ന എല്ലാത്തിൻ്റെയും സത്സ്വരൂപം തത് ഏത ആത്മാ അതിനാണ് ഏതത് ആത്മാ എന്ന് പറഞ്ഞത് തത് ഏതദ് ആത്മാ സത്താണ് ഏതത് ആത്മ അതിനെന്തുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞു ആത്മശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു വസ്തുവിൻ്റെ വാസ്തവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവത്തെയും കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനേ നമ്മൾ ആത്മാവെന്ന് പറയാറില്ല അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ എന്റെ ആത്മാവെന്ന് പറ എന്തുകൊണ്ട് ആത്മശബ്ദം സത്യത്തെ വാസ്തവത്തെ കാണിക്കുന്നു ആ വാസ്തവം എവിടെയാണ് സർവം സർവത്തിനുണ്ട് ആ വാസ്തവം സർവത്തിൻ്റെയും വാസ്തവമായിരിക്കുന്നത് അല്ലെങ്കിൽ സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് സർവമെന്ന് പറയുന്നത് എന്താണ് നാം രൂപാത്മകമായി പ്രതീതമാകുന്ന സർവത്തിൻ്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നതാണ് തത് ഈ തത്താത്മാസ്യഭാവ ഈ തത്താത്മ്യം ഏതദാത്മ്യ ശബ്ദത്തിൽ നിന്നും ഐദദാത്മ്യം എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ വരുന്നു അതിന്റെ വ്യാകരണ നിയമത്തെന്ന് പറഞ്ഞ് തസ്യഭാവ ഭാവാർത്ഥത്തിൽ പട്ടിയാണ് അപ്പോ ഈ ജഗത്തിന്റെ അതിന്റെ ഭാവമാണ് ഹിതം സർവം ഈ കാണുന്നതല്ല ത്മ്യം എന്നാ തദാത്മാ അതിന്റെ ഭാവമാണ് ഈ കാണുന്നതല്ല എന്നാണ് തദാത്മ സ്വരൂപമാണ് അതിന്റെ ഭാവം എന്ന് പറയുന്നത് എന്നാണ് അതിന്റെ സ്വരൂപം തന്നെ ആത്മാവിന്റെ ഭാവം എന്ന് പറയുമ്പോ സാറിന് ഭാവാർത്ഥമല്ലൂടെ വയ്യാകരണന്മാർ പറയും പ്രകൃതിജന്യ ബോധി പ്രകാരവും ഭാവ എന്നാ ഭാവശബ്ദത്ത് ഭാവം എന്ന് പറയുമ്പോൾ ഒരു വിശേഷധർമ്മത്തെ കാണിക്കുകയാണ് സർവത്ര ഗോവിന്റെ ഭാവം ഗോത്വം മനുഷ്യന്റെ ഭാവം മനുഷ്യത്വം അങ്ങനെ ഒരു വസ്തുവിന്റെ വിശേഷതയെ കാണിക്കാണ് ഇവിടെയും വിശേഷതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് തതേതാത്മ ഏതാത്മ സ്വരൂപം പക്ഷെ എന്താണ് ആ വിശേഷത എന്ന് പറയുന്നത് സ്വരൂപം എന്നാണ് ഈ കാണുന്ന ഇതം സർവം ഈ കാണുന്ന സർവവും ഏതൊരു സ്വരൂപമാണോ എന്നാണ് ഐ ദാത്മ്യം ഈ പ്രതീതികളിൽ വാസ്തവമായിരിക്കുന്നത് എന്നത് ഒരേ സമയം ഈ പ്രതീതിയെ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഐദദാത്മ്യം എന്ന് പറയുന്നത് ഈ പ്രതീതി നിഷേധിക്കുന്നതിനാ പറയുന്നു ഈ കാണുന്ന പ്രതീതി എന്ന് വെച്ച ശരീരമുൾപ്പെടെയുള്ള പ്രപഞ്ച അനുഭവം അത് സ്ഥൂലവും സൂക്ഷ്മവുമായി അനുഭവപ്പെടുന്നു ആന്തരികമായ അനുഭവം മനസ്സ് കർണങ്ങൾ ബാഹ്യമായ അനുഭവങ്ങളരീരം ഈ ബ്രഹ്മാണ്ടം ഇത് നമ്മൾ അനുഭവപ്പെടുന്നത് ത്മുഖമായിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് അതിന്റെ സ്വരൂപം അതിന്റെ വാസ്തവ സ്വരൂപം എന്താണ് അതിന്റെ വാസ്തവ സ്വരൂപം എന്താണ് ഇതുവരെ പറഞ്ഞ സത്താണ് ഈ കാണുന്നതിൻ്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഇതിനെ നിഷേധിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ഈ കാണുന്നതല്ല ഇതിന്റെ സ്വരൂപമൊന്നും വരുന്നില്ല കാരണം കാണുന്നതെന്ന് വെച്ചാൽ അനുഭവിക്കുന്നു കാണുക എന്ന് വെച്ചാൽ അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ് കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല അദ്വൈതത്തിൽ സർവത്ര കാണുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക കാരണം അവിടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തുല്യ സ്ഥാനമാണ് അതിൻ്റെ സ്ഥാനമാണ് മനസ്സിന് എല്ലാ എഞ്ചിനീയങ്ങളുടെയും സഹായത്തോടുകൂടി മനസ്സനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കാണുക എന്ന് പറയുന്നത് ഈ അനുഭവ വിഷയമായിരിക്കുന്നതിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതിനപ്പുറം എന്തോ ഉണ്ടെന്ന് വരുന്നു അപ്പോ കാണുന്നതിനവിടെ നിഷേധിക്കുന്നു പറയും അതിനാണ് പറഞ്ഞത് സത് ഈ കാണുന്നതിന്റെ സ്വരൂപമായിരിക്കുന്നത് പരമാർത്ഥസ്വരവുമായിരിക്കുന്നത് അതാണ് യേഷാണിമ അതാണ് ഇതിന് കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നു ഇനി ഈ കാണുന്നതിന് അംഗീകരിക്കുന്നതായിട്ടും മനസ്സിലാക്കാം എന്തുകൊണ്ട് ഒരു വസ്തുവിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ആ വസ്തുവിനെ മാറ്റാൻ കഴിയില്ല അഗ്നിയുടെ സ്വരൂപം എന്താണ് പറയും പ്രകാശമാണ് അഗ്നിയുടെ സ്വരൂപം പ്രകാശം നിങ്ങൾ അഗ്നിയുടെ സ്വരൂപത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു അപ്പൊ അഗ്നിയും അഗ്നിയുടെ സ്വരൂപവും തമ്മിലെന്താ വ്യത്യാസവും വ്യത്യാസവും ഇല്ല അഗ്നി തന്നെയാണ് അഗ്നിയുടെ സ്വരൂപം എന്ന് പറയുന്നത് ഇവിടെ നിഷേധിക്കാനില്ല അഗ്നിയിൽ നിന്ന് അഗ്നിയുടെ സ്വരൂപത്തെ വെറുതിരിക്കാൻ അഗ്നിയുടെ സ്വരൂപത്തിൽ നിന്ന് അഗ്നിയെ വെറുതിരിക്കാൻ ഐദദാത്മ്യം സത് സ്വരൂപമാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ അവിടെ നിഷേധിക്കാനും പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞ രണ്ട് തരത്തിൽ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത് തന്നെ സത് തന്നെയാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു അഗ്നിയിൽ പ്രകാശം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ അഗ്നിയിൽ ഉഷ്ണം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ പറയാനുള്ള വർണ്ണത്തെ അനുഭവപ്പെടുന്നുള്ളൂ ശരി ആ വർണ്ണത്തെ അഗ്നിയിൽ മാറ്റി കാണിക്കുക അതിനെ മാറ്റാൻ സാധ്യമാണ് എന്തിന് അഗ്നിയിൽ ഉപയോഗിക്കുന്ന നാമത്തെപ്പോലും നമുക്ക് അഗ്നിയിൽ അല്ലാതെ വേറിടത്ത് ഉപയോഗിക്കാൻ വയ്യ അഗ്നി എന്നുള്ളത് ജലത്തിൽ ഉപയോഗിക്കാൻ പറ്റും നാമത്തെപ്പോലും അഗ്നിയിൽ വേർതിരിക്കാൻ വയ്യ നാമരൂപങ്ങളെ ഒന്നിനെ അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ എന്താ അഗ്നിയുടെ സ്വരൂപം ഈ കാണുന്നത് തന്നെ പക്ഷെ ഈ കാണുന്നത് നാമവും രൂപവും ഉഷ്ണവും പ്രകാശവും ഒക്കെയാണ് അതുതന്നെയാണ് അഗ്നി അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തു തന്നെയാണ് നാമരൂപാത്മകമായി പ്രകാശിക്കുന്നത് ഇവിടെ ഏതെങ്കിലും നിഷേധിക്കാൻ പറ്റും ഇവിടെ സത്ത് അതുതന്നെയാണ് പ്രപഞ്ചാകാരത്തിൽ പ്രതീതമാകുന്നത് ഈ പ്രതീതിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ സത്തിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുക ഒരു സമർത്ഥനായ ശില്പിക്കുക സാധ്യമല്ല സത്തിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കുക ആയുധദാത്മ്യം ഇതെല്ലാം സത്ത് തന്നെയാണ് നാമരൂപം ഇതം സർവം ബ്രഹ്മേ വേദി വിജയത്തെ എന്ന് പറയുന്നതിന്റെ താല്പര്യതാണോ ഇതെല്ലാം സത്ത് തന്നെയാണ് സത്തിന് തന്നെ വേർതിരിക്കാൻ വയ്യ അത് പറയുന്നു ആയുധാത്മി വിധം സർവം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന തകരാറെന്താണ് ഇവിടെ എങ്ങനെയാണോ ഇവിടെ ഗുരു ഉപദേശിക്കുന്നത് ശ്രുതി ഉപദേശിക്കുന്നത് ആ രീതി വിജയിക്കുന്നില്ല സത്യം പറയുന്ന ഭാവത്തിൽ ഇതിനെ ഗ്രഹിക്കുന്നുണ്ട് നാമരൂപാത്മകമായി സ്വരൂപമായി ഗ്രഹിക്കുന്നില്ല സ്വരൂപമായി ഗ്രഹിച്ചാൽ പിന്നെ ഇവിടെ സത്യമെന്നോ മിഥ്യയെന്നോ തിരിക്കാൻ കഴിയില്ല അഗ്നി നമുക്ക് ആത്യന്തികമായി അഗ്നിയുടെ ൂപം നിറം ഗുണം ഇങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത പോയി അങ്ങനെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ പിന്നെ അഗ്നി കാണത്തില്ല ഈ പുസ്തകത്തിൽ നിന്ന് ഇതിൻ്റെ ഓരോ കടലാസുകൾ ശ്രമിച്ചാൽ പിന്നെ പുസ്തകം കാണത്തില്ല അതുപോലെ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഇതൊന്നിൽ നിന്നും ഒന്നിനെയും സത്തിനെന്ന് പിരിക്കാൻ വയ്യ അതുകൊണ്ടെന്നാണ് അയദദാത്മ്യം ഇത് തന്നെ സത് സ്വരൂപം തന്നെ എന്ത് സദാഖ്യ അതിനാണ് നമുക്ക് സത്തെന്ന് പറഞ്ഞത് ശബ്ദി സത് എന്ന് പറഞ്ഞത് അതിന് സത്തെന്നോ ചിത്തന്നോ ശബ്ദത്തിന്റെ വ്യത്യാസമാണ് സത്തെന്ന് പറയുന്നതും ഒരു പ്രതീതിയാണ് നാമരൂപങ്ങളും പ്രതീതിയാണ് ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും ആകുന്നെങ്ങനെ അതുപോലെ ചിത്തിനെ സംബന്ധിച്ചു സത്ത് നാമരൂപാനുഭവം തമ്മിൽ വരുന്ന പ്രകടമായ വ്യത്യാസം സത്തിന്റെ അനുഭവം അനുസ്യൂതമായിരിക്കും നാമരൂപ പ്രതീതി നാമരൂപ പ്രതീതിക്ക് ഭേദം വരുന്നു ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ ഭേദം വരുന്നു സത്പ്രതീതിക്ക് ഭേദം വരുന്നില്ല അതുകൊണ്ട് പറയുന്നു ഈ ഭേദങ്ങളെല്ലാം ഭേദമില്ലായ്മേനാണ് പ്രതീതമാകുന്നത് അതുകൊണ്ട് ശബ്ദസ്പർശ രൂപികൾ സത്തിൽ പ്രതീതമാകുന്നു അപ്പൊ സത്തിന്റെ തന്നെ പ്രതീതിയാണ് ശബ്ദസ്പർശ രൂപമായി അനുഭവപ്പെടുന്നത് അതാണ് സൃഷ്ടിയെന്നും സ്ഥിതി എന്നും പറയുന്നതിന്റെ താല്പര്യം സദൈവ ഹിതമഗ്രാസി സത്ത് തന്നെയായിരുന്നു അതിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി യുദ്ധം അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലെന്താ താല്പര്യം സത്ത് ഏകാകാലത്ത് സത് സത്ത് എന്ന് തന്നെ അത് പ്രതീതമായിരിക്കെ ആ സത്തിൽ നാമരൂപങ്ങൾ നാനാതരത്തിൽ പ്രതീതമാകുന്നു അനന്തമായ നാമരൂപങ്ങൾ പ്രതീതമാകുന്നു അപ്രതീതികളും അനന്തമായിരിക്കുന്നു ആണ് ചിത്തിനും അത് വരുന്നത് പറയുന്നത് സർവത്രേക രൂപത്തിലിരിക്കുന്നു നമ്മൾ തന്നെ ബോധമെന്നോ അറിവെന്നോ എല്ലാം വിളിക്കും ജ്ഞാനമെന്നോ അത് സർവത്രേകമായിരിക്കെ അവിടെ തന്നെ ശബ്ദസ്പർശ ശബ്ദജ്ഞാനം രൂപജ്ഞാനം മരസജ്ഞാനം ദന്തജ്ഞാനം പ്രതീതി പലതാകുന്നു ജ്ഞാനത്തിലും പ്രതീതി പലതാകുന്നു അതായി ജ്ഞാനത്തിൽ പ്രതീതി പലതാകുന്നത് കൊണ്ട് ജ്ഞാനം അല്ലാതാകുന്നുണ്ടോ ചിത് സ്വരൂപത്തിന് മാറ്റം എന്തെങ്കിലുമുണ്ടോ ഒരു ഉപജ്ഞാനമായാലും എന്റെ സജ്ഞാനമായാലും അവിടെ ജ്ഞാനം ഒന്ന് തന്നെ അവിടെ നമ്മൾ പറയും എന്താണ് ജ്ഞാനത്തിന്റെ ആകാരത്തിന് വ്യത്യാസമാണ് അങ്ങനെ പറയും ജ്ഞാനവൃത്തിക്ക് വ്യത്യാസമാണ് അതൊക്കെ സാങ്കേതിക ഭാഷ പക്ഷെ സർവത്ര എന്താണ് അത് ഏകരൂപം തന്നെ സത്ത് ചിത്ത് രണ്ടു തരത്തിലുള്ള അനുഭവത്തിനും വരുന്ന ഏകദാനത്വം മാറ്റം എന്ന് പറയുന്നത് നമുക്ക് സ്വീകാര്യമായ ഒന്നല്ല സ്ഥായിത്വമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നു മനസ്സിന് ശാന്തി വേണം മനസ്സിൻ്റെ സ്ഥായിിത്വം ആഗ്രഹിക്കുന്നു സ്വസ്ഥത വേണം അവിടെ മനസ്സിൻ്റെ സ്ഥിതി ആഗ്രഹിക്കുന്നു ആ ഏകതാനത്വം അത് സത്തിനും ചിത്തിനും അനുഭവപ്പെടുന്നു പക്ഷെ പ്രതീതികളിൽ അത് അനുഭവപ്പെടുന്നില്ല ആ സത്തലും ചിത്തിലും അനുഭവപ്പെടുന്ന ഏകത്താനത്വം അതിനാണ് ആനന്ദം എന്ന് പറയുന്നത് എന്തുകൊണ്ടത് നിശ്ചലതയാണ് നിശ്ചലതയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത് മറ്റേ നമ്മൾ പറയും അസ്വസ്ഥമാണ് സ്വസ്ഥമാകണം എനിക്ക് കർമ്മം അസ്വസ്ഥമാക്കുന്നു അത് ചലനമാണ് പരിണാമമാണ് മാറ്റമാണ് എനിക്കതിനൊന്നും മാറിയിരിക്കണം സന്യസിക്കണം അവിടെ തന്നെ എന്താണോ ആ ഏക താന പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന സജിത് രൂപത്തിലിരിക്കുന്ന ഏകതാനത അതിനെ തന്നെ ആനന്ദോന്നും പറയും മൂന്നും മൂന്നല്ല ഒന്നല്ല കാരണം സദനുഭവം പറയുന്നു ഈ സത്തിൻ്റെ അനുഭവമുണ്ട് ശരി സത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആ അനുഭവത്തിൽ നിന്ന് സത്തിനൊന്ന് മാറ്റി കാണിച്ചു തരുക ഒന്ന് ശ്രമിച്ചു പോവുക ഞാൻ എനിക്ക് സത്തിൻ്റെ അനുഭവമുണ്ട് മനുഷ്യന് ആത്യന്തികമായി സത്തിൻ്റെ അനുഭവം എവിടെയാണ് തുടങ്ങുന്നത് എവിടെ അവസാനിക്കുന്നത് സത്തിൻ്റെ അനുഭവം ആത്യന്തികമായി എവിടെയാ നിലനിൽക്കുന്നത് ചിന്തിച്ചാൽ മനസ്സിലാവും ബാഹ്യമായിട്ടല്ല പ്രപഞ്ചാനുഭവത്തിലല്ല സത്തിൻ്റെ അനുഭവം ആത്യന്തികമായി നിലനിൽക്കുന്നു ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കുന്നു വേർ പിരിയാതെ നിലനിൽക്കുന്നത് തന്നിലാണ് കാരണം ഈ പ്രപഞ്ചത്തിലെ സദനുഭവം മുറിഞ്ഞു പോവും എങ്ങനെയാ മുറിയുന്നത് ജാഗ്രത സദനുഭവമുണ്ട് ഇതം വൃത്തി അനുഭവം ഇതം എന്നുള്ള അനുഭവം സദനുഭവമാണ് ഈത് ജാഗ്രത അനുശ്ചിതം നില്ക്കും മുണർന്നാൽ ഉറങ്ങുന്നത് വരെ സദനുഭവത്തിൽ മാറ്റമുണ്ട് ഒന്നും മാറി ഒന്നും ഈതയും നമ്മൾ രണ്ടാം അധ്യായത്തിൽ ഭാഷകാരനെ വളരെ സമൃദ്ധമായി പ്രതിപാദിച്ചു ആ സദ് അനുഭവം പക്ഷെ മുറിഞ്ഞു ഇവിടെ സുഷൃത്തിയിലേക്ക് എത്തുമ്പോൾ അവിടെ സദനുഭവം ഇല്ല അവിടെ പ്രപഞ്ചമേ പ്രപഞ്ച പ്രതീതിയില്ല നാമരൂപങ്ങളില്ല പിന്നെ ഇവിടെ വീണ്ടും സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അത് പ്രകടമാകും വീണ്ടും സുഷൃപ്തിയിലേക്ക് ഇപ്പോ ഇതം വൃത്തിയിലൂടെയുള്ള സദനുഭവം എന്ന് തന്നെ പറയാം ബഹിഷ്കൃതം ബാഹ്യമായി ബുദ്ധി ചെയ്യുന്നത് ആ സദനനുഭവം സ്ഥായിൽ അത് മാറിപ്പോകുന്നു അപ്പോ ആത്യന്തികമായ സദനുഭവം ഇവിടെ തന്നിട്ടല്ലേ ആ സദനുഭവം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അഹം അസ്മി ഞാനുണ്ട് സദസ്മി എന്നുള്ള ആ സദനുഭവം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അതിനും മാറ്റമില്ല ജോലി സുഷുപ്തിയിലെന്താ സദസ്മി എന്ന അനുഭവം ഉണ്ടോ അഹമസ്മി എന്ന് അവിടെ അനുഭവമുണ്ടോ അവിടെ ജാഗ്രത്തിൽ അനുഭവിക്കുന്നത് പോലെ ഉണർന്നനുഭവിക്കുന്നില്ല ജാഗ്രത്തിൽ എന്താണ് ഉണർന്നനുഭവിക്കുന്നത് അഹമസ്മി പക്ഷെ സുശൃത്തിയിൽ അത് നിലനിൽക്കുന്നു അത് സദായും അസ്മിയായും അതായത് ജ്ഞാനമായും ഏകീഭൂതമായി നിലനിൽക്കുന്നു സൃഷ്ടിയിൽ ഇവിടെ അങ്ങനെ രണ്ടായി പിരിയുന്നു ഇവിടെ എപ്പോഴാണോ നമ്മൾക്ക് സദനുഭവം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം അത് രണ്ടായി പിരിയുന്നു സത്തായും ചിത്തായും അങ്ങനെ ജാഗ്രത അഹം അസ്മി അത് സത്ചിത് ഭാവത്തിൽ നിൽക്കുന്നു അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അസ്തിത്വം എന്ന് പറയുന്നത് സത് സുഹൃത്തിലേക്ക് വരുമ്പോഴോ അത് ഏകീഭവിക്കുന്നു പറഞ്ഞത് സതി സമ്പദ് നവിതു സതി സമ്പദ് മഹേഷ് പിന്നെ അവിടെ രണ്ടില്ല ഏകമേയുള്ളൂ അവിടെ പറഞ്ഞത് സദേവ ഏകമേ വീ അവിടെ സത്യചിത് അനുഭവം ഈ സത്യദനുഭവം വരുന്നതാണ് പ്രപഞ്ചാനുഭവം സത്യദാനന്ദുഭവം അതാണ് പ്രപഞ്ചാനുഭവം പ്രപഞ്ചാനുഭവം സച്ചിദാനന്ദ അനുഭവമാണ് അത് കേവലമായി തീരുമ്പോ ഏകമായി തീരുമ്പോൾ അദ്വിതീയമായി തീരുമ്പോൾ അത് പക്ഷെ അവിടെ അത് നിലനോക്കുന്നു അതുകൊണ്ടാണ് ഈ ജാഗ്രത്തിൽ ഈ സച്ചിത് അനുഭവത്തിൽ ഇരുന്നുകൊണ്ടൊരാള് പറയും സുപ്തോഹം ഞാൻ സ്വപ്നായി എന്ന് പറയുന്നു അവിടെ പിന്നെ വിശകലന എങ്ങനെ അഹം അസ്മി അഹം നാസ്മി ഇങ്ങനെയൊന്ന് വിശകലനം ചെയ്യാൻ കഴിയും എന്തുകൊണ്ടവിടെ അസി ആനന്ദം ഏകമായി ഏകമേ വർദ്ധിതീയം നമ്മളെന്താ പറഞ്ഞു വരുന്നത് ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ ഈ സദ് ജ്ഞാനാനുഭവം ഏകമാണെന്നാണ് പറഞ്ഞു വരുന്നത് അത് എങ്ങനെയായിരുന്നു അഹമസ്മി എന്നുള്ള അനുഭവത്തിൽ അറിയിരുന്നു അത് നിത്യമാണ് എങ്ങനെ ജാഗ്രത ഈ സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്ര സ്വപ്നങ്ങളിൽ ഈ സത് ജ്ഞാന അനുഭവങ്ങൾ വേർപിരിഞ്ഞാൻ അനുഭവപ്പെടുന്നത് പറയുന്നു പുസ്തകമസ്തി എന്ന് പറയുന്നു അവിടെ എന്താണ് അസ്തിത്വ അനുഭവമുണ്ട് ആ അസ്തിത്വ അനുഭവത്തെ തന്നെ നമ്മൾ പറയുന്നു ആ എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി അപ്പോൾ ജ്ഞാനവും അസ്തിത്വവും ചേർന്നിരിക്കുന്നുള്ള വേറെ പിരിക്കാൻ വയ്യാത്തരിക്കുന്നു പക്ഷെ ആ അനുഭവം മാറിപ്പോകുന്നു അടുത്ത നിമിഷം പറയുന്നു മറ്റൊന്നുണ്ട് മറ്റൊന്നുണ്ട് അങ്ങനെ പോകുന്നു അസ്തിത്വത്തിന് മാറ്റമില്ലെങ്കിലും പ്രതീതി മാറി മാറി വരുന്നു അസുഖ മാറ്റമില്ലാത്ത പ്രതീതിയാണ് ഹമസ്മി എന്ന് തന്നിലുള്ള അസ്തിത്വത്തെ അറിയുന്നത് ആ അസ്തിത്വത്തിനും സുഷുപ്തിയിലും മാറ്റമില്ല അതുകൊണ്ടാണ് ഉടനതിന് ശേഷം പറയുന്നത് സുപ്തോഹം പക്ഷെ സുഷുപ്തനായിരുന്നു കൊണ്ട് അഹം അസ്മീൻ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവിടെ ഏകീഭൂതമായി മാഡൂക്യത്തിനും ചർച്ച ചെയ്താണ് ഏകീഭൂത പ്രജ്ഞാനധനം അപ്പം ഈ സച്ദാനന്ദ അനുഭവം ജാഗ്രത്തിൽ ആ സച്ചിദാനന്ദ അനുഭവം സച്ചിദാനന്ദയുന്നത് വേറെ സങ്കല്പങ്ങളിലേക്കൊന്നും പോകരുത് സദനുഭവം ചിദ് അനുഭവം ആ രണ്ടിന്റെയും ഏകതാനത് അത് ആനന്ദാനുഭവം ഇത് സുഷുത്തിയിൽ ഏകീഭൂതമായി തീർന്നു ബാഹ്യമായ ഇത് ഈ അനുഭവം ഏകരൂപത്തി സ്ഥിതി നഷ്ടപ്പെട്ടു അഹംവൃത്തിയിലൂടെന്ന് പറയും അതുകൊണ്ടാണ് വേദാന്ത അബ്ദുവിതത്തിന് രണ്ടും പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നത് അഹം വൃത്തി അനുഭവം ആ അഹം വൃത്തി അനുഭവത്തിൽ അത് ഏകരൂപത്തിലിരിക്കുന്നു ഉറങ്ങിയണെങ്കിൽ അവനോട് ചോദിക്കുന്നു ആരാ ഉറങ്ങിയത് അഹം ഞാൻ എന്നെ പറയാൻ കഴിയും എന്തുകൊണ്ടാ ഞാൻ നഷ്ടപ്പെട്ടില്ല ഞാൻ എന്നുള്ള അതെന്താണോ ആ വസ്തു സ്ഫുരിക്കാതെയും നഷ്ടപ്പെടാതെയായിരുന്നു ജാഗ്രത സ്വപ്നത്തിൽ സ്ഫുരിക്കുന്നു പക്ഷെ സുഷിതയിലെന്താണ് അത് സ്ഫുരിക്കുന്നില്ല നഷ്ടപ്പെടുന്നുമില്ല അതുകൊണ്ടത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആത്മനിഷ്ഠമായ ആ സച്ചിത് അനുഭവം അതിന് മാറ്റമില്ല അതൊന്നു മാത്രമേ ഉള്ളൂ മാറ്റമില്ലാതിരിക്കുന്നത് അത് ആത്മനിഷ്ഠമാവുമ്പോൾ അത് ഏകരൂപത്തിന് വരിക്കുന്നു അതിന് മറ്റാകാരമില്ല എങ്ങനെ ഇപ്പോ ബാഹ്യമായി അറിയുന്നു രാമനുണ്ട് കൃഷ്ണനുണ്ട് നാനാ ആകാരങ്ങളെ പ്രാപിക്കുന്നു വാസവത്തിൽ രാമനുണ്ട് കൃഷ്ണനുണ്ട് എന്ന് പറയുന്നത് സച്ചിത തന്നെ സത്വം ജ്ഞാനവും തന്നെ പക്ഷെ അത് ഇതം സർവം ഇവിടെ പറഞ്ഞല്ലോ അങ്ങനെ ഇത സർവമായിരിക്കുന്നു രാമനും കൃഷ്ണനും ജയശോമനുമൊക്കെയായി പുസ്തകവും വേനയും അല്ലായിട്ടിരിക്കുന്നു നാമരൂപാത്മകമായിരിക്കുന്നു പക്ഷെ അത് ആന്തരികമാവുമ്പോൾ തന്നിലേക്ക് വരുമ്പോ ഏകരൂപത്തിലിരിക്കുന്നു ആ രൂപത്തിനും മാറ്റം വരുന്നില്ല അഹം അസ്മി രൂപത്തിന് തന്നെ ഇങ്ങനല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഒരാൾക്കറിയാൻ പറ്റും യുഷ്മസ്മത് പ്രത്യേക ഗോചരയോഹോ രണ്ട് പ്രതീതികളേ ഉണ്ട് ഒന്നഹം മറ്റൊന്ന് യുഷ്മത് അല്ലെങ്കിൽ ഇതം ഇതല്ലാതെ ഇതം നാനാ രൂപത്തിലിരിക്കുന്നു അഹം ഏകരൂപത്തിലിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ ആത്മനിഷ്ഠമായ അഹം അസ്മി എന്നുള്ള ഈ അനുഭവം ഏകരൂപത്തിലിരിക്കുന്നു കാരണ അഹം അസത്തിനെ പ്രകാശിപ്പിക്കുകയാണ് സത്തിന് ഏകരൂപമാണ് സത്തിൻ്റെ രൂപത്തിന് മാറ്റം വരുന്നില്ല അത് സത്യൂപത്തിലായാലും സിത് രൂപത്തിലായാലും ആനന്ദ രൂപത്തിലായാലും ഏകരൂപത്തിലിരിക്കുന്നു ബാഹ്യമായിരിക്കുന്ന സത് ആനന്ദങ്ങളുടെ ഏകതാനത നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ അഹമസ്മി എന്നുള്ള അനുഭവത്തിൽ ഏകതാനത വളരെ സ്പഷ്ടമാണ് അഹമസ്മി എന്ന് പറയുന്ന അനുഭവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല രാമൻ ശവൻ ഉണ്ട് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു പേരും പ്രതീതിയും മാറുന്നു നാമരൂപവും മാറുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പകമസ്മി ഏകരൂപത്തിൽ എന്തുകൊണ്ട് സത്തിന്റെ സ്വരൂപമാണ് അതിനെ നമുക്ക് മനസ്സിലാക്കിത്തരാൻ തരുന്നതിന് വേണ്ടി പറയാം അത് അഹംവൃത്തിയാണ് അഹംവൃത്തിയിലൂടെ പ്രതീതമാകുന്നത് എന്ന് പറയും പക്ഷെ അഹംവൃത്തിയിലൂടെ സൂചിപ്പിക്കുമ്പോൾ അഹംവൃത്തിക്ക് മാറ്റം വരുന്നില്ല ബാഹ്യമായി നമ്മൾ സച്ചിദാനന്ദ അറിയുന്നു ഇതം വൃത്തിയിലൂടെ ഇത് രാമനാണ് ഇത് കൃഷ്ണനാണ് പക്ഷെ അവിടെ എന്ത് വരുന്നു മാറിക്കൊണ്ടേയിരിക്കും അഹംവൃത്തിക്ക് മാറ്റം സംഭവിക്കുന്നില്ല അഹംൃത്തിയിലൂടെയുള്ള അനുഭവത്തിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല ഇതം പല ഭാവങ്ങളെ പ്രാപിക്കും അതിൽ ഇതം എന്ന് പറയുന്ന ഏകഭാവം ഉണ്ടെങ്കിലും അതിന് ഏകഭാവത്തിൽ ഇരിക്കാൻ കഴിയില്ല പല ഭാവത്തെ പ്രാപിക്കും അതാണ് രാമനും കൃഷ്ണനും ആയി മാറുന്നു പക്ഷെ അഹം വൃത്തി അങ്ങനെയല്ല തന്നിലിരിക്കുന്ന അഹമൃത്തി സദാ ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു അത് ഏതിനോടെല്ലാം താതാത്മ്യപ്പെട്ടാലും അത് ഏകരൂപത്തിലിരിക്കുന്നു അത് എന്തുകൊണ്ടങ്ങനെ ഇരിക്കുന്ന സത്താണ് അത് ജ്ഞാനമാണ് അത് ആനന്ദമാണ് ഇവിടെ ഇതിന് രണ്ടിനെയും ബന്ധിപ്പിക്കുകയാണ് എങ്ങനെ ആദ്യം പറഞ്ഞു സദേവ ആ സത്ത് തന്നെയാണ് ഏകവും അതിഥികവുമായിരിക്കുന്നത് അതിനെങ്ങനെ ആദ്യം പരിചയപ്പെടുത്തി സൃഷ്ടിക്കു കാരണമായി ഇവിടെ പറഞ്ഞു ജഗതോ മൂലം ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ സത്ത് തന്നെയാണ് നീ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ജഗത് ശൂന്യമായ സത്തിനെ കാണിച്ചു അതാണ് സുപ്തൽ അത് സ്വ ആ സത്ത് അത് സ്വയം അനുഭവരൂപമാണ് അതിനുവേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചു കാണിച്ചത് ഒന്ന് സൃഷ്ടിക്കല്ലെങ്കിൽ ജഗത്തിന് മൂലമായ സത്തിനെ കാണിച്ചു ഇവിടെ ചിത്തം എന്ന് പറയുന്ന ഒരു വിഷയം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നില്ല പക്ഷെ അത് മറ്റു ഭാഗങ്ങളിൽ വരുന്നുണ്ട് എന്നിട്ട് തനിക്ക് ആത്മനിഷ്ഠമായി കാണിച്ചു ആ സത്തിനെ അതിനോട് സുഷുതിയെ കാണിച്ചത് ആത്മനിഷ്ഠമായി സത്തിനെ നിശംശയം വെളിപ്പെടുത്താൻ സുഷൃത്തിയല്ല വേറൊരു ദൃഷ്ടാന്തമില്ല സൃഷ്ടിക്കുന്നുല്ലാം പറയുമ്പോ അവിടെ നമുക്ക് സങ്കല്പത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും സൃഷ്ടി എന്ന് തുടങ്ങി അതിനുമുമ്പുള്ള ഒരു കാലം സങ്കല്പത്തിലേക്കാ യുക്തിയുക്തമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം നാമരൂപങ്ങൾക്ക് അപ്പുറമുള്ളത് ഒന്ന് മനസ്സിന് വിഷയമാകില്ല അതുകൊണ്ട് ജഗത്മൂലമായ സത്ത് എന്ന് പറഞ്ഞ് അവസാനം തന്നിലേക്ക് വരും നിന്നലിരിക്കുന്ന സത്ത് അതിന്റെ ഏകരൂപത്വത്തെ കാണിക്കുന്നു ഐദദാത്മ്യം എന്താണത് ഈ കാണുന്ന സർവവും ഈ കാണുന്നതെന്ന് പറയുമ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഭാഗ്യമായിരിക്കുന്ന ഇതെല്ലാം ഇതെല്ലാം ഐദദാത്മ്യം അസത് സ്വരൂപമാണ് ഇതാണ് അദ്വൈതം തൻ അഹമൃത്തിയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതം വൃത്തിയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭാഷകാരൻ മുമ്പ് പറഞ്ഞത് കുറച്ച് മുമ്പ് പറഞ്ഞു ഇതംവൃത്തികാലത്തിന് സത്ത് തന്നെ അവിടെ ഇതൂടെ ചേർക്കാന്നാണ് അഹംവൃത്തികാലേ വി സദേവ അഹംവൃത്തികാലത്തിലും വൃത്തികാലം ഞാൻ അനുഭവം ഇതം അനുഭവത്തിലും അഹമനുഭവത്തിനും ആ സത്ത് തന്നെ ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത് ആത്മ തസിഭാവത്മ്യം ഏതേന സദാഖ്യേന ആത്മന ആത്മവത് സർവമിതം ജഗത് ഈ കാണുന്ന ജഗത്തല്ല നാമരൂപാത്മമായിരിക്കുന്ന ഈ പ്രതീതി അതിനാണല്ലോ ജഗത്ത് എന്ന് പറയുന്നത് ജഗത്ത് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവം അസത്യമോ അസത്യോന്ന് പിന്നീട് ചിന്തിക്കാം ജഗത്ത് അനുഭവമാണ് നാമരൂപാത്മകമായിരിക്കുന്ന ഈ അനുഭവം ഇത് സർവവും യഥേന സദാഖ്യേന ഇവിടെ രണ്ട് രീതിയിലും ബോധ്യപ്പെടുത്തുന്നു ഒന്ന് ജഗത് ആധാരമായി മറ്റൊന്ന് ശ്രോതാവിനാധാരമായി രണ്ടു രീതിയിലും ബോധ്യപ്പെടുന്ന സദാഖ്യേന ആത്മന ആത്മാവായി സ്വരൂപമായി സത് സ്വരൂപം സദാഖ്യേന ആത്മനന്ദ്ര സത് സ്വരൂപമായിരിക്കുന്നു ആത്മവത് ആ സത്തിനാൽ ഇത് ആത്മവത്തായിരിക്കുന്നു എന്നാ പറയുന്നത് ജഗത്തിന് ആത്മാവ് ഉണ്ടെന്നാ പറയുന്നത് ഈ ജഗത്തിനൊരു സ്വരൂപം ഉണ്ടെന്നാ പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിന് നമ്മുടെ പ്രതീതിക്ക് ഒരു സ്വരൂപമുണ്ട് എന്നുവെച്ചാൽ ഒരു വാസ്തവികതയുണ്ട് ഒരു സത്യത്വമുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ എന്താണ് ആ യാഥാർത്ഥ്യം അത് സത്താണ് അല്ലെങ്കിൽ സച്ചിതാണ് അല്ലെങ്കിൽ സച്ചിദാനന്ദ്ര അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് ഇതൊക്കെ സത്യമാണോ മിഥ്യയാണോ ഇതിനൊരു സത്യമുണ്ടെന്നാണ് പറയുന്ന ഈ പ്രതീകിച്ച് അങ്ങനെ മനസ്സിലാക്കണം ആത്മാവത് സർവം വിധം ജഗത് ഈ സമ്പൂർണ്ണ ജഗത്തും ആത്മാവുള്ളതാണ് സത്യമുള്ളതാണ് പരമാർത്ഥമുള്ളതാണ് അപ്പോ ഈ പ്രതീതിയെ പരമാർത്ഥമായി ഗുരുക്കാതെ ആത്യന്തികമായി അദ്വൈതത്തിൽ ഉപദേശിക്കുന്നു സർവ മുൻവിധം ബ്രഹ്മ എന്ന് പ്രതീതിയെ സത്യമായി ഞാൻ ഗ്രഹിക്കുന്നില്ലല്ലോ ഈ പ്രതീതി സത്യമാണെന്നോ അസത്യമാണെന്നോ ചിന്തിക്കാറുണ്ടോ ഇല്ല ചിന്തിച്ചാൽ തന്നെ എന്താണ് ഈ പ്രതീതിയെ സത്യമൊന്നും നിർണ്ണയിക്കാൻ വയ്യ അസത്യമൊന്നും നിർണ്ണയിക്കാൻ വയ്യ ആശയക്കുഴപ്പത്തിലോ അതിനനുറോചനീയം എന്ന് പറയും അങ്ങനെയാണ് എത്തിച്ചേരുന്നത് അതിന് ശ്രുതിയുടെ സഹായം വേണ്ട അനുഭവസ്ഥനായ ഗുരുവിന്റെ സഹായം വേണം ബോധ്യമെന്നൊരാളുടെ സഹായം വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണോ ജഗത്ത് പരമാർത്ഥം തന്നെ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായൊരു ജഗത്തില്ല അതാണ് അടുത്ത് പറയുന്നത് ആത്മാ സംസാരി ഇതിന് നിങ്ങൾ ധരിക്കുന്ന പോലെ വേറൊരാത്മാവല്ല രാമന്റെ ആത്മാവ് കൃഷ്ണന്റെ ആത്മാവ് അങ്ങനെ ഒരു ആത്മാവില്ല മനുഷ്യനൊരാത്മാവ് വൃക്ഷത്തിനൊരാത്മാവ് അങ്ങനെ ഒന്നുമില്ല ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നൊരാത്മാവില്ല സത്തല്ലാത്ത പേരൊരാത്മാവില്ല സംസാരിയായി അങ്ങനെ ഒരു ആത്മാവില്ല പരിണാമങ്ങൾക്ക് വിധേയമാകുന്നൊരാത്മാവ് ഇവിടെയില്ല ഇതിന്റെ സ്വരൂപത്തിൽ അത് സംഭവിക്കുന്നില്ല അത് പറയാൻ കാരണം ഈ പ്രതീതമാകുന്ന ഈ ജഗത്ത് സദാ പ്രണമിച്ചുകൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ അനുഭവം അപ്പ പറയുന്നത് സത്യമല്ല ഇവിടെ തകരാറ് വന്നിരിക്കുന്നത് കേവലം നമ്മുടെ പ്രതീതിയിലാണ് സത്യത്തിൽ തകരാറൊന്നും വന്നിട്ടില്ല സത്തിന് അപഭ്രംശമൊന്നും സംഭവിച്ചിട്ടില്ല പ്രതീതിയിൽ അത് സംഭവിക്കുന്നു എന്തുകൊണ്ട് അത് പ്രതീതിയുടെ സ്വഭാവമാണ് അവിടെ അതിൽ നിശ്ചയാത്മകമായ ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ പ്രതീതിയെ ഇങ്ങനെ തന്നെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നം ചോദ്യം ഇന്റെ സമാധാനവും അതല്ല ഈ പ്രതീതിയുടെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അപ്പൊ എങ്ങനെ അനുഭവപ്പെടുന്നത് ഇത് സംസാരിയായി പരിണാമവിധേയുമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതോ ഇവിടെയാണ് ആശയപ്പെടുക നിങ്ങളൊരു സത്തിനെ കുറിച്ച് പറയുന്നു എന്നാൽ പ്രതീതിയിൽ എന്താണ് സത്തല്ല സ്വത്തും വിധയും എല്ലാം ഉണ്ട് സത്തും അസത്യവും ശൂന്യവും എല്ലാം അനുഭവപ്പെടുന്നു ഇതിനെങ്ങനെ പൊരുത്തപ്പെടുത്തും പരമാർത്ഥം ബോധിപ്പിക്കുന്ന ഇതെല്ലാം സത്താണെന്നാണ് അനുഭവത്തിൽ സത്തെന്നും പറയാം അസത്തെന്നും പറയാം ആകാശം സത്താണ് കാരണം അതിങ്ങനെ കാലാതീതമായി നിക്കുന്നു ഭൂമി സത്താണോ അതും ആദ്യന്തമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ സത്തിന്റെ അനുഭവം ഇല്ലെന്ന് പറയാൻ മതിയോ പിന്നെ ഇതെല്ലാം നശിക്കുന്നതും കാണുന്നു ജനിം വൃതികൾ അനുഭവപ്പെടുന്നു അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊരു പടിയുമില്ല അപ്പോൾ ശൂന്യത്തിലെത്തിച്ചേരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ അനുഭവം ഉണ്ട് ഇവിടെ എന്താ പറയുന്നത് ഇത് സത്താണ് അതിനെല്ലാം നിഷേധിച്ചിട്ട് പറയുന്നത് സത്താണ് അപ്പോൾ എന്താ ഇതിൻ്റെ താല്പര്യം അപ്പോൾ ഈ പ്രതീതിക്ക് എന്ത് സമാധാനം പറയും അവിടെയാണ് അദ്വൈതം എന്തു പറയുന്നു ന അന്യു അസ്ഥി ഈ പ്രതീതി ഉണ്ട് അതുകൊണ്ടാണല്ലോ അന്യന്യൂ പറയുന്നത് പക്ഷെ ഈ പ്രതീതി ആ സ്വത്ത് നിന്നും വേറിട്ടല്ല അതാണ് പറയുന്നത് അങ്ങനെ വേറിട്ടൊന്നുമില്ല അങ്ങനെ വേറിട്ടൊരു പരിണാമവും സംഭവിക്കുന്നില്ല അത് ഈ പ്രതീതിയിൽ സംഭവിക്കുന്നില്ലെങ്കിൽ തന്നിന് സംഭവിക്കുന്നില്ല തന്നെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത് ഞാൻ ജനിച്ചവനാണ് ജീവിക്കുന്നവനാണ് മരിക്കുന്നവനാണ് അതായത് സംസാരിയായി മാറ്റങ്ങളുള്ളവനായി സംസരണമുള്ളവനായി ഗതി ഉള്ളവനായി സംസരണമെന്ന് വെച്ചാൽ സൃഗതവും ഗത്യർത്ഥത്തിലാണ് സദാഗമനമുള്ളവനായി തന്നെ കുറിച്ച് ധരിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രതീതിയെ സ്വീകരിക്കുന്നു പറയുന്നു ഈ പ്രതീതിയെ അംഗീകരിച്ചേ പറ്റൂ അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും പക്ഷെ അനുഭവത്തിന്റെ അങ്ങേ അറ്റത്തെത്തണം അനുഭവത്തിന്റെ ഇങ്ങേ അറ്റത്താണ് പറയുന്നു ഇവിടെ ദ അന്യു അസ്ഥി ആ സത്യത്തിൽ നിന്ന് ഈ പ്രതീതി അന്യമല്ല ഇത്രയേ പറയാൻ പറ്റൂ മണ്ണിൽ നിന്ന് പാത്രം അന്യമല്ല സ്വർണ്ണത്തിൽ നിന്ന് ആഭരണം അന്യമല്ല കണ്ണാടിയിൽ നിന്നും പ്രതിബിംബം അന്യമല്ല രജ്ജുവിൽ നിന്നും സർപ്പം അന്യമല്ല ജലത്തിൽ നിന്ന് തരംഗം അന്യമല്ല ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിലും ഇതേ കാണിക്കാനുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അംശവും ഇതിന് ഉദാഹരണമാണ് ഒരു രജ്ജു ഒരു സർപ്പവും മാത്രമല്ല അണ്ണുമുതൽ ബ്രഹ്മണ്ഡം വരെയുള്ള സർവ്വതും ഇതിനാണ് ഉദാഹരണം ഏതാണ് അത് ഇന്ന് ഇതന്യമല്ല ഒരു രജ്ജു സർപ്പത്തിലൂടെയല്ല ഇതിനെ സമർത്ഥിക്കുന്നത് സർവപ്രപഞ്ച പ്രതീതിയിലും ഇത് തന്നെയാണ് വെളിവാകുന്നത് എന്താണ് ഇത് നാന്യ അത് അസ്ഥി ഇതിൽ നിന്ന് അന്യമായിട്ടില്ല ഇതത് തന്നെയാണ് തത്വത്തെ ഗ്രഹിക്കുമ്പോൾ പ്രതീതി ഉപദ്രവിക്കുന്നില്ല തത്വത്തെ ഗ്രഹിച്ചവൻ അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞൻ മുക്തനാണ് എന്ന് പറയുന്നത് തത്വത്തെ ഗ്രഹിച്ചതെങ്കിൽ പ്രതീതി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതിന് പറയും സംസാരം എന്ന് പറയും ഈ പ്രതീതിയുടെ ഉപദ്രവങ്ങളാണ് സംസാരം ആ പ്രതീതി അതിനെ ബാധിക്കാതിരിക്കുന്നതാണ് മുക്തി എന്ന് പറയുന്നത് കണ്ണാടിയെ പ്രതിബിംബം ബാധിക്കാതിരിക്കുന്നു എവിടെയാണോ ഈ പ്രതീതികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതീതി ബാധിക്കുന്നില്ല എന്തുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ബന്ധിക്കുന്നതിന് സ്വാതന്ത്ര്യം അതിനുള്ള സ്വാതന്ത്ര്യം അതിനില്ല സ്വയം ബന്ധനസ്ഥനായവൻ എനിക്ക് സ്വയം പരാശ്രിതനായവൻ അന്യാശ്രിതനായവൻ എങ്ങനെ ബന്ധിക്കാൻ പറ്റും ഈ പ്രതീതി ഈ സത്തിനെ ആശ്രയിച്ചാ നിൽക്കുന്നു അതുകൊണ്ട് ഈ പ്രതീതിക്ക് ഒരിക്കലും സത്തിനെ ബന്ധിക്കാൻ വയ്യ നിന്റെ കയ്യും കാലും പിടിച്ചു കൂട്ടി കെട്ടിയിട്ടാണ് നിനക്കിങ്ങനെ വേറെ ആളെ ബന്ധിക്കാൻ പറ്റും പരാശ്രിതനായിപ്പോയില്ല അന്യാധീനനായിപ്പോയില്ല തത്വത്തെ ഗ്രഹിക്കുന്നവന് പ്രതീതി ബന്ധിക്കുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീതി അനുഭവം കേവല പ്രതീതി ബന്ധശൂന്യമായ പ്രതീതി ആത്മനിഷ്ഠമായ പ്രതീതി അവൻ മറിച്ച് ആ പ്രതീതി നിഷ്ഠനായി കഴിഞ്ഞാൽ ഇത് ബന്ധനമായി തോന്നും അസഹ്യമായി തോന്നും വിചിത്രമായി തോന്നും ബന്ധ മോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കും ഉപായങ്ങളെക്കുറിച്ച് സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കും പ്രവർത്തിക്കും മറിച്ചാണെങ്കിൽ അതൊന്നുമില്ല എന്തുകൊണ്ട് അത്തോസ്ത്യദൃഷ്ടശ്രോത്രു ഇവിടെ രുചിക്കുന്നവനും മണക്കുന്നവനും അനുഭവിക്കുന്നവനും എല്ലാ സത്ത് തന്നെയാണ് അതിൽ നിന്ന് വേറിട്ടൊരുവനില്ല ആ സത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ കാരണം സത്തിനെ അതിന് ഉപദ്രവിക്കാൻ പറ്റത്തില്ല നിഴലിന് കണ്ണാടിയെ ശോഭയെക്കെടുക്കാൻ പറ്റത്തില്ല ഇതാണ് ശ്രുതി പറയുന്നത് ശ്രുതി പറയുന്ന അദ്വൈതജ്ഞാനാണ് അതിന് നന്യമായിട്ടൊരു ദഷ്ഠാവില്ല സത്തിന് നന്ദിട്ടൊരു ശ്രോതാവില്ല നന്യമായിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ സത്ത് തന്നെ ദഷ്ഠാവായും ശ്രോതാവായും ഇരിക്കുന്നത് ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന് എന്താണ് ഇവര് സംസാരിയില്ല ബന്ധമോക്ഷങ്ങളി ശ്രുതി എന്താ ഇത് ഗ്രഹിക്കുന്നത് പ്രയാസമുള്ള കാര്യമില്ല ഈ ദ്രവിഡപ്രാണായാമം ചെയ്യുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത് നേരെ വിരൽ കൊണ്ട് മുക്കു നിമ്പ കൈ തളിക്ക് പിറകിലൂടെ ചുറ്റി കൊണ്ടുവന്ന് മുക്കി പിടിച്ച് പ്രാണായാമം ചെയ്യും അതാണ് ദ്രവിഡപ്രാണായാമം വളഞ്ഞ വഴി അപ്പൊ ബന്ധമോക്ഷങ്ങളെ സത്യമായി കണ്ടുകൊണ്ടുള്ള അഭ്യാസങ്ങളാണ് നമ്മുടെ തലതിരിഞ്ഞ ആത്മീയത എന്ന് പറയുന്നു ആത്മന ആത്മവത് സർവമിതം ജഗത് ഇതുകൊണ്ടാണ് ഈ സത് കൊണ്ട് ഈ സത്സ്വരൂപം കൊണ്ട് സർവവും സത്തായിരിക്കുന്നു ആത്മവത് സർവമിതൻ ജഗത്ത് ഈ ജഗത്തെല്ലാം സത്തായിരിക്കുന്നു എന്നാണ് ജഗത്തെല്ലാം സത്ത സത്തായിരിക്കുന്നവനവിടെ മിഥ്യയായ ജഗത്ത് അവിടെ അതില്ലല്ലോ ആത്മവത് സർവമിതൻ ജഗത്ത് എന്നാൽ ജഗത്ത് സത്യമായിരിക്കുന്നു എന്നാണ് ആത്മവത്തായിരിക്കുന്നു ജഗത്തിനൊരു സ്വരൂപമുണ്ട് എന്നാ പറയും എന്താ ഇത് ശൂന്യവാദമാണ് ഇതിനെ മിഥ്യയാക്കിയാൽ ഇത് എവിടെ കൊണ്ടു വയ്ക്കും ഇത് വെക്കാനുള്ള സ്ഥലം വേണ്ടേ ഇത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അത് സത്തായിപ്പോ അതാ ഇതിൻ്റെ ഒരു കുഴപ്പം ജഗത്തിന്റെ കുഴപ്പം ജഗത്തിനെ മിഥ്യയാക്കിട്ട് പിന്നെ നമുക്ക് നടക്കാൻ ഒരിടമില്ല അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഈ ജഗത്തിനെ സ്ഥാപിക്കാനൊരു സ്ഥലം അന്വേഷിക്കേണ്ടി വരും മിഥ്യയായ ജഗത്തിനെവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കുന്നു എവിടെ പ്രതിഷ്ഠിച്ചാലും അത് സത്താവും ഇവിടെ സത്ത് സത്തേ ആത്മവത് സർവമിതൻ ജഗത് അതുകൊണ്ടാണ് മിഥ്യയെ അനർവചനീയം എന്ന് വ്യാഖ്യാനിക്കുന്ന ദ്വീര്യ ശൂന്യം ഒന്ന് വ്യാഖ്യാനിക്കാത്ത അനിർവചനീന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം ഇത് ആത്മനിഷ്ഠമായി ഗ്രഹിച്ചില്ലെങ്കിൽ ഇത് പിടികിട്ടത്തില്ല എന്താണെന്നുള്ളത് പിടികിട്ടത്തില്ല ഈ ജഗത് ജഗത് രഹസ്യം പിടികിട്ടത്തില്ല പിടികിട്ടുന്നുണ്ടെങ്കിൽ അതിന് അനുവചനീയം മിഥ്യ എന്ന് പറയാം പിടികിട്ടിയാൽ ഇതിന് സത്യം എന്ന് പറയാം ഇതേയുള്ളൂ അദ്വൈതത്തിലെ മിഥ്യാ ശബ്ദത്തിനർത്ഥം അല്ലാതെ ഇല്ല അശൂന്യം എന്നൊരിടത്തും പറയുന്നു അനുരോചനീയം എന്ന് പറയുന്നത് യുക്തിവാദിക്ക് ഇത് അനുയോജനീയമാണ് സത്യമിഥ്യാത്വങ്ങളിൽ ബുദ്ധി കിടന്നു കുഴങ്ങിയാൽ ഇത് അനുലോചനീയമായി മനസ്സിൽ പല ആശങ്കകളും തരും സമാധാനം കിട്ടാതെ സത്താണോ അസത്താണോ അസത്താണോ സത്താണോ സത്തായാൽ നിന്നദോഷം അസത്തായാലിന്നദോഷം ഇങ്ങനെ പോകും പ്രതിഷ്ഠ ഉണ്ടാകത്തില്ല നമ്മൾ പറയുന്നത് സത്പ്രതിഷ്ഠ തർക്കത്തിനുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഭാഷകാരം പറഞ്ഞത് തർക്കത്തിന് പ്രതിഷ്ഠയില്ല യുക്തിക്ക് പ്രതിഷ്ഠയില്ല അത് അനുവചനീയത്തിലേക്കും ഒന്നിനു സമർത്ഥിക്കാൻ പറ്റത്തില്ല അനുവചനീയത്തിൽ ചെന്ന് ചേരും സത്തായി ഗ്രഹിക്കാൻ കഴിയത്തില്ല സദാക്യം കാരണം സത്യം പരമാർത്ഥ സത്യം അതാണ് യുക്തിപരമായി ചിന്തിച്ചവരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ അനുവജനീയത്തിലാണ് പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി പ്രപഞ്ച കാരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി സൃഷ്ടിപ്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചാലും ശരി അവസാനം ചെന്ന് അനുവജനീയത്തിൽ ചേരും കാരണം യുക്തി അധികമായി പ്രയോഗിക്കുമ്പോഴാണ് ആ യുക്തി അധികമായി പ്രയോഗിച്ച ഒരാളാണ് ഹർഷൻ അദ്ദേഹത്തിന്റെ ഒരു വാദഗ്രന്ഥമുണ്ട് ഖണ്ഡന വാദിച്ച് വാദിച്ച് എവിടെ ചെന്നുകഴിഞ്ഞാലും അനുവജനീയം അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല യുക്തിക്ക് അതേ പറ്റും പ്രപഞ്ച കാരണത്തെ കുറിച്ച് എത്തിച്ചാലും അവിടെ അനുവജനീയം ഒന്നും ആത്യന്തികമായി പറയാൻ വെള്ളെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്നെ നിഷേധിക്കാൻ പറ്റാത്തറേണ്ടത് എനിക്കൊന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ദുരന്തത്തിൽ ചെന്ന് ചേരും ഇവിടെ അതെന്താ പറയുന്നത് ഇതിന് നിർവചിക്കാം ഇത് സത്താണോ ശ്രമമിതം ജഗത്ത് സദാഖ്യം കാരണം സത്യം പരമാർത്ഥസം പറയുന്നു അങ്ങനെ ഒരു പരമാർത്ഥ സത്താണ് ഇത് പറയുന്നത് പോലെ എന്തുകൊണ്ടി വെളിപ്പെടുന്നില്ല വിളിപ്പെടാത്തതിന് കാരണം മറ്റൊന്നുമല്ല ബുദ്ധിയുണ്ട് ചിന്താശക്തിയുണ്ട് അതിനോടൊപ്പം ചേർന്ന് വരുന്ന ദോഷങ്ങളിലൂടെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നു എന്താണ് അജ്ഞാന സംശയവിപരീയങ്ങൾ ഇതിനെ ഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അജ്ഞാന സംശയവിപര്യങ്ങൾ ഗ്രഹിക്കുന്നു ഇവിടെ സശിഷ്യനെ ഭൂയേ മീ ഭഗവാൻ വിജ്ഞാപിച്ചു ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരണം അവശേഷിക്കുന്ന സംശയം അവശേഷിക്കുന്ന മിഥ്യാജ്ഞാനം അവശേഷിക്കുന്ന അജ്ഞാനം ഇത് മാറണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഭൂയേ ഭഗവത് വിജ്ഞാപരണയും തകരാറില്ല ബുദ്ധിദോഷം ബുദ്ധിമാലിന്യം എന്ന് പറയും കാരണം സത്യമായാലും മിഥ്യയായാലും തന്നെ കുറിച്ചായാലും ശരി ദൈവത്തെക്കുറിച്ചായാലും ശരി ഉണ്ടെന്ന് പറയാനായാലും ഇല്ല എന്ന് പറയാനും ശരി ആശ്രയിക്കേണ്ടത് കേവലമായ ബുദ്ധിയാണ് ഇത് എന്ത് സാധന ചെയ്താലും ഈ കേവലമായ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാ അഭ്യാസവും നടക്കുന്നത് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാലും ശരി അജ്ഞാനി എന്ന് പറഞ്ഞാലും ശരി യോഗിയെന്നോ ത്യാഗിയെന്നോ ഭക്തനെന്നോ എന്തു പറഞ്ഞു ഇതെന്തിനെ ആശ്രയിച്ച് നടക്കുന്നു ഇതെല്ലാം കേവലമായ ബുദ്ധിയെ ക്ഷണികമായ ബുദ്ധിയെ ഒരു സ്ഥായിത്വമില്ലാത്ത ഈ ബുദ്ധിയെ ഇത് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിയെ ആശ്രയിച്ചാണ് ഇതെല്ലാം പറയുന്നത് എല്ലാ വാദകോലാഹലങ്ങളും ഘട്ടപ്പെട്ടെടുത്ത് ഉള്ള ഈ വാദകോലാഹലങ്ങൾ ഇതിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ ആശ്രയിച്ച് ഈ പരമാർത്ഥ സത്യത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഈ ദോഷങ്ങളെല്ലാം വരും അതിൻ്റെ സ്വഭാവമാണ് അജ്ഞാന സംശയ അവിടെ കടന്നു അതുകൊണ്ട് ഇവിടെ ഗുരു ബോധിപ്പിക്കുമ്പോൾ വീണ്ടും ചോദിക്കേണ്ടി വരും ഭൂയയേ ഭക്ഷ്മയേ ഭഗവത് വിജ്ഞാപേത് ഒന്നുകൂടി വ്യക്തമാക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ വന്ന് പിടികൂടുന്നു പക്ഷെ ശ്രുതിക്കൊന്നേയും ബോധിപ്പിക്കാം എന്താണ് പരമാർത്ഥസത്യം സദാഖ്യം കാരണം സത്യം പരമാർത്ഥ അത ആത്മാ അത് തന്നെയാണ് നീ അതാണ് പറയുന്നത് അസത്വം തന്നെയാണ് നീ ആത്മാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നീ എന്നാണ് എന്തുണ്ടങ്ങനെ പറഞ്ഞത് ആത്മശബ്ദത്തിന്റെ അർത്ഥം ഞാൻ എന്നാണ് നീ എന്ന് പറഞ്ഞാൽ ആരാഗ്രഹിക്കും വേറെ ആരെങ്കിലും ഗ്രഹിക്കൂ ം എന്ന് പറഞ്ഞാ ഞാനന്തേയും ഗ്രഹിക്കും അപ്പൊ ത്വമെന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെയാണ് ആത്മാ നീയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാനെന്നല്ലാതെ നീ എന്ന് ആരെങ്കിലും ഗ്രഹിക്കുകയില്ല ആ ശബ്ദത്തിനൊരു ചെറിയ പരിവർത്തനപ്പെടുത്തും അല്ലേ അത് വേറെ ഒരു ശബ്ദത്തിന് കിട്ടാത്ത ഭാഗ്യമാണ് പശു എന്ന് പറഞ്ഞാൽ ആടെന്നുഗ്രഹിക്കത്തില്ല കുതിരയെ നിഗ്രഹിക്കത്തില്ല ആനയെ നിഗ്രഹിക്കത്തില്ല ആനയെന്ന് പറഞ്ഞാൽ ആനെ ഗ്രഹിക്കും കുതിരയെന്ന് പറഞ്ഞാൽ അതേ മനസ്സിലാവും എല്ലാ ശബ്ദവും അതാ അതിനെ ഗ്രഹിപ്പിക്കും പക്ഷെ നീ എന്ന് വിളിച്ചാൽ ഉടൻ തന്നെ ഗ്രഹിക്കുന്ന എന്താണ് ഞാൻ എന്ന് മാത്രമല്ല നീ എന്നൊട്ട് ഗ്രഹിക്കാൻ ഒക്കത്തില്ല നീ എന്ന് പറയുമ്പോൾ തിരിച്ച് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മാറിപ്പോകും എന്തുകൊണ്ട് ം അത് ആത്മാവിനെ ബോധിപ്പിക്കുന്നു സത്തിനെ ബോധിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സൈവ ആത്മാ ആ സത്ത് തന്നെയാണ് നീ നിന്റെ സ്വരൂപം ജഗത പ്രതിജ്ഞ രൂപം ജഗത്തിന്റെ വാസ്തവ സ്വരൂപം ആന്തരികസ്വരൂപം അതിന് വാസ്തവ സ്വരൂപം ആന്തരികസ്വരൂപം എന്നൊക്കെ എന്തുകൊണ്ട് പറയുന്നു ജഗത്ത് പ്രതീതമാകുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ ശരിയാണ് ഇവിടെ ഇതൊരാചാര്യൻ ഉപദേശിച്ചു തരുന്ന ശരി തന്നെ ആണെങ്കിലും അതിൻ്റെ വാസ്തവ സ്വരൂപത്തിൽ ജഗത്തിനെ ഗ്രഹിക്കാൻ പറ്റുന്നു വാസ്തവ സ്വരൂപം എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപം പ്രത്യേക ശബ്ദത്തിൻ്റെ അർത്ഥം ആന്തരികമായിരിക്കുന്നത് ആധാര രൂപത്തിലിരിക്കുന്നത് യഥാർത്ഥമായിരിക്കുന്നത് എന്നാണ് ആ രൂപത്തിൽ ജഗത്തിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഉപദേശം വേണ്ടി വന്നത് അതിന് ഞാൻ പറയുന്ന നേരത്തെ ബുദ്ധിമാലിന്യങ്ങൾ അജ്ഞാന സംശയപര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴും അത് വന്ന് പിടികൂടുന്നു എങ്കിൽ വീണ്ടും ഭൂജൈവമേ ഭഗവാൻ വിജ്ഞാപേതു ആ വഴി തന്നെ വേറെ വഴിയില്ല സതത്വം യാഥാത്മ്യം പറയുന്ന ജഗത്തിൽ ഒരു തത്വമുണ്ടെന്ന് പറയുമ്പോൾ ജഗത്തിൽ തത്വം മാത്രമേ ഉള്ളൂ എന്ന അർത്ഥം അതാണ് സത്യേവ എന്ന് പറഞ്ഞത് ഏവകാരം അവധാരണം നിശ്ചയിക്കുകയാണ് ജഗത്തിൽ സത്യം മാത്രമേ ഉള്ളൂ പിന്നെ എന്തില്ല മിഥ്യയില്ല ശൂന്യതയില്ല അങ്ങനെ ജഗത്തിൽ രണ്ടാമതൊന്നിനെ പറയാനില്ല കാരണം ഇത് അദ്വൈതമാണ് അദ്വൈതമല്ല ഇവിടെ ഒന്നു മാത്രമേ സതത്വം ഈ ജഗത്തെപ്പോഴും തത്വത്തോടു കൂടിയതാണ് മിഥ്യയോടുകൂടിയതല്ല അതങ്ങനെ സംഭവിക്കും വാസുദേവ സർവമിതം എന്ന് പറഞ്ഞാൽ സർവത്ര ഈശ്വരനെ കാണുന്നതിന് പിന്നെ അവിടെ ചെകുത്താൻ കൂടെ കാണാൻ പറ്റൂ രണ്ടുകൂടെ സാധ്യമല്ല സർവമിതമെന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും അടക്കി വാസുദേവൻ സതത്വം യാഥാത്മ്യം അങ്ങനത്ര ഉറപ്പിച്ചു പറയുന്ന നമ്മുടെ മനസ്സിലൊരുപാട് മിഥ്യാധാരണകളിപ്പുണ്ട് തത്വജ്ഞാനിയുടെ അനുഭവത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് മനക്കോട്ടകൾ കിട്ടും അത് അങ്ങനെ ഇങ്ങനെ ഇതൊരു കണ്ണാടി പോലെ കാണും ഇതൊരു പ്രകാശത്തെ പോലെ കാണും അതൊന്നുമില്ല എന്താണ് ഇത് സതത്വം ഇത് തത്വമുള്ളതാണ് തത്വം ഇല്ലാത്തതല്ലാന്ന് ഇത് പരമാർത്ഥമാണ് വൈദദാത്മ്യം അവിടെ ആത്മശബ്ദ ഉപയോഗിച്ചത് അതിന്റെ പ്രത്യുരുപതയെ ബോധിപ്പിക്കാനാണ് കേവലം ചിന്ത ജഗത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടില്ല തന്നിലൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാഹ്യമായി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല ആന്തരികമായി കൂടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും ഒരേ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇത് ഗ്രഹിക്കുന്നതിന് കണ്ണടച്ച് കുത്തിയിരിക്കേണ്ട ആവശ്യമുണ്ട് കണ്ണ് തുറന്ന് കുത്തിയിരുന്നാലും ഇത് തന്നെ കാണും നിന്നാലും നടന്നാലും ഉറങ്ങിയാലും ഒക്കെ ഇത് തന്നെ എന്തുകൊണ്ട് ഇത് ഏകരൂപമാണ് ഏക താനമാണ് അതുകൊണ്ട് അവിടെ സത് ശബ്ദം ഉപയോഗിച്ചു ആത്മശബ്ദസ്യോ നിരുപപദസ്യോ പ്രത്യേകാത്മനിഗവാദി ശബ്ദവും നിരൂഢത്വ ആത്മശ്ദം കരുതിക്കൂട്ട് ഉപയോഗിച്ചതാണ് കാരണം ആത്മശബ്ദം എന്ന് പറയുമ്പോൾ അത് സ്വരൂപമാണ് അവിടെ നിരൂപപദസ്യ അവിടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല കാരണം ആത്മശബ്ദത്തിന് ഭാഷയാണ് ഒരു ശബ്ദത്തിന് പല അർത്ഥവും വരാം അതിനോട് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് വേറെ എന്തെങ്കിലും അർത്ഥത്തിൽ പറയാം ആത്മശബ്ദത്തിന്റെ സ്വഭാവം എന്ന് പറയാം മനസ്സെന്ന് പറയാം ശരീരം എന്ന് പറയാം കർണങ്ങളെന്ന് പറയാം ദേവനെന്ന് പറയാം പലതെന്നും പറയാം പക്ഷേ ഏതെങ്കിലും പദങ്ങൾ അതിൽ കൂടിച്ചേർന്നു ഇവിടെ അങ്ങനെയല്ല പ്രത്യേകാത്മനേ അത് പ്രത്യേകാത്മാവിന് പോവരൂപത്തെ ബോധിക്കും സർവത്തിന്റെയും പ്രത്യേക സ്വരൂപത്ത് ബോധിക്കുന്നു എല്ലാത്തിന്റെയും വാസ്തവ സ്വരൂപത്തെ ബോധിക്കുന്നു അത് തന്റേതായാലും ശരി പ്രപഞ്ചത്തിൻ്റെതായാലും ശരി സത്യത്തെ ബോധിപ്പിക്കുന്നു ഗവാദി ശബ്ദവും നിരൂഢത്വ നിരൂഢമാണ് അതിന് വൈകരണന്മാർ പറയും അനാദി ലക്ഷണയ സിദ്ധ എന്ന് പറയും നിരൂഢശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മശബ്ദം വിത്വത്തി പറയുന്നുണ്ട് അധ സാദത്വമനെ ഇന്നുവരെ ഭാഗമുണ്ട് അതിൽ നിന്ന് ആത്മനോഷ് ടിലോപശ സൂത്രം വരുന്നു പാണിനി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകം വന്നു ടിലോപിച്ചു ആത്മശബ്ദമുണ്ടായി പ്രഥമ ഏകോപനത്തിൽ ആത്മാന്നുള്ള ശബ്ദമുണ്ടായി ഇതൊക്കെ ശബ്ദശാസ്ത്രജ്ഞന്മാരിങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയും ബ്രഹ്മവൃദ്ധവും ബ്രഹ്മി വൃദ്ധവും അതിൽ നിന്ന് വൃദ്ധിയർത്ഥത്തിലുള്ള ബൃഹദാന്ന് പ്രത്യേകം വന്നു അത് വന്നു ഇത് വന്നു അവസാനം ബ്രഹ്മശബ്ദമുണ്ടായി ഇതൊക്കെ ശബ്ദശാസ്ത്രത്തിന്റെ നിലയിൽ പറയുന്നു പറയുന്നു അത് നോക്കണ്ട ഇതിന് ശാസ്ത്രത്തെ ഒന്നും ഘടിപ്പിക്കേണ്ട കാര്യമില്ല ഈ ശബ്ദത്തിനൊരർത്ഥമേ ഉണ്ട് പ്രത്യജ്ഞസ്വരൂപം അതെ വിത്പത്തിയിലൂടെ ഒന്നും കണ്ടെത്തുന്നതല്ല ഈ ശബ്ദം എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ ഇതിന്റെ അർത്ഥമുണ്ടായി ഇതിന് ശബ്ദത്തിന് ആരെങ്കിലും ഉണ്ടാക്കിയ അർത്ഥം കൊടുത്തതെന്നു അങ്ങനെ നിരൂഢമെന്ന് പറയുന്നത് അനാദിയായി ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ആത്മശബ്ദം യാത്മനോദി ദാദത്തെ യച്ഛാത്തി വിഷയാനുഹാ മുമ്പ് ഭാഷകാരൻ ഇതിൻ്റെ വിൽപ്പത്തി പറഞ്ഞതാ യാർത്ഥി സന്തതോ ഭാവം തസ്മാത് ആത്മീയ ദേഗീയത ഇതെല്ലാം പറയും അതൊക്കെ ഭാഗം അല്ലെങ്കിൽ അതൊരു പ്രക്രിയ പക്ഷെ ഇവിടെ അതല്ല ഇവിടെ നേരിട്ടുള്ള അർത്ഥം പറയും നേരർത്ഥം ഇതിന് നേരർത്ഥം എന്ന് പറയും മറ്റേതിനെ ഉറ്റിയർത്ഥം എന്ന് പറയും വിലക്കെടുക്കുന്ന രണ്ടിനണ്ടാണ് ഇവിടെ പറയുന്നത് നിരൂഢത്വ ഇത് ശബ്ദം അതിനെ തന്നെ ബോധിപ്പിക്കുന്നു അതിനെ മറ്റൊന്നിനെയും ബോധിപ്പിക്കാനില്ല സത്യത്തെ ബോധിപ്പിക്കുന്നു അധ തത്വമസി ഭവസി കേതു ഇത്രയേ ഉള്ളൂ തത്വമസിയുടെ നേരിട്ടുള്ള വ്യാഖ്യാനം പറയുന്നു ഞാൻ ഇത്രയെല്ലാം പറഞ്ഞത് കൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് തുടങ്ങി ജാഗ്രതന് മുമ്പിൽ അവസാനിപ്പിച്ചു അതിനെ രണ്ടിനെയും ഒന്നാക്കി അങ്ങനെ സൃഷ്ടിയും ജാഗ്രതനെയും ഒന്നാക്കി ഇതാണ് ഇതിന്റെ ചുരുക്കം അത്തത്ത് ഏതിനെയാണോ സദൈവസ്വം ഇതമഗ്രഹീതം എന്ന് പറഞ്ഞാൽ തത് ആ സത്താണ് തത് ഇവിടെ ബ്രഹ്മമില്ല ഈശ്വരനില്ല ജീവനില്ല ഈ ഒരു ശബ്ദങ്ങളും ഇതൊന്നും കൂടാതെ ഒരു കുരുക്കുകളും ഇല്ലാതെ നേരിട്ടൂടെ പറയണ് ഇനി അതാണ് മറ്റതൊക്കെ എന്താണ് ഒരു ബ്രഹ്മം ഒരു ഈശ്വരൻ പിന്നെ ഒരു ജീവൻ അവിടെ ഒരു പാധി വേറിടക്ക് വേറൊരുപാധി അത് ശരിയാകുന്നില്ല പിന്നെ ഒരു ലക്ഷണം ജഹൽലക്ഷണം അജഹക്ഷണം ജഹ അജലക്ഷണം ഇതെല്ലാം എന്താണ് ഇത് ശബ്ദാഡംബരം എന്ന് പറയും അല്ലെങ്കിൽ പണ്ടിറ്ററി വേദാന്തം എന്നും പറയും അങ്ങനെയും പറയും അതിൻ്റെ ഒന്നും കാര്യം ഇല്ല നേരിട്ട് തന്നെ പറയണെന്താണ് അസത്താണ് എന്റെ വിശദീകരണത്തിൽ ചിലപ്പോൾ കുറച്ച് ശബ്ദ ആഡംബരം വന്നിരിക്കും അതിന്റെ ആവശ്യം നേരിട്ട് മനസ്സിലാക്കാം പക്ഷെ അത് ആ സത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ വിശദീകരണം അത് വിട്ടിട്ട് ബ്രഹ്മത്തിനും ഈശ്വരനും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കിറങ്ങിയ അവസാനം ശാഖാ സംക്രമണം കൊരങ്ങം മരത്തിൽ കയറിയതുപോലെ അവിടെ ഇവിടെയൊക്കെ ചാടി മൂടി എവിടെയെങ്കിലും ചെന്നിരിക്കുക അതിന്റെ ആവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തത്വമസീഹത്തിന് പിൽക്കാലത്ത് അദ്വൈതികൾ വ്യാഖ്യാനിച്ചു എന്തെല്ലാം കോലാഹാരങ്ങൾ കാണിച്ചു എന്താ അത്തരം ആചാര്യന്മാർക്കൊന്നും ബോധമില്ലെങ്കിലൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല മഹാപ്രാജ്ഞന്മാർ തന്നെ അത് വ്യാഖ്യാനിച്ചത് പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് നിസാരമായിരുന്നു അത്രയുള്ളൂ ഇന്നത് കേൾക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം തലക്കനുണ്ടാക്കും രണ്ടർത്ഥത്തിൽ ഒന്നെന്തോ തൻ്റെ തലയ്ക്കകത്ത് കയറിയെന്ന് തോന്നും അദ്വൈതിയാണ് എന്ന് തോന്നുന്നു മറ്റൊന്ന് തലയ്ക്ക് ഭാരം തോന്നും ഇതെല്ലാം വന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ അങ്ങനെ ശബ്ദാഡംബരം എന്ന് പറയുന്നത് പക്ഷെ അത് എഴുതിയവരെ സംബന്ധിച്ചത് ഒന്നുമില്ല കേവലം തുച്ഛം അവർക്കൊരു അതിനെക്കുറിച്ച് പറയും എന്താണ് വിദ്യാവിനോദം വിനോദം മാത്രം അതിനുവേണ്ടി അടിവെച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെ അത് ചിന്തിക്കാം മൂർഖന്മാരത് ചെന്നിടന്നു നല്ല യുദ്ധം നടത്തി കഴിഞ്ഞാൽ പൊതിയാ തെങ്ങുന്ന ആയിടെ മുമ്പ് ഇട്ടതുപോലെയാണ് കിടന്ന് അഭ്യാസം നടത്തും കാര്യമുട്ടവർ ഒന്ന് പിടികിട്ടും അങ്ങനെ ആയിപ്പോയി ഇവിടെ അതൊന്നുമില്ല ഭാഷകാരന്റെ ശൈലി വളരെ ലളിതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിന്നെ വിശദീകരണം അതിന് കേൾക്കുന്നവന്റെ മനസ്സിൽ ലളിതമല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിനെ കുറിച്ച് വിശദീകരണം വേണ്ടിവരും മനസ്സ് ഋജുവാകണ്ടേ എന്നാലും ഋജുവായി പറയുന്ന കാര്യം മനസ്സിലാകാത്ത അതാണ് മനസ്സിന് ഋരുചിത്വം ഇല്ലെങ്കിൽ പിന്നെ ഇത് വളച്ച് പറയേണ്ടി വരും അവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറയേണ്ടി വരും അതിനു വേണ്ടിയിട്ടാണ് ഈ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടിവിടെ പറയുന്നു അധ തൊമസിന്റെ ഇതായി പറയുന്നു ആ സത്ത് അതാണ് നീ എന്നാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൊരു സംശയം ഇത്രയേ ഉള്ളൂ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഇത്രയും അല്ല അതാണ് അങ്ങനൊരു സംശയമില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ തത്തുമസി ഇത് കേട്ട ഉടനെ തന്നെ നമ്മൾ പലരും ചെയ്യുന്ന പോലെ നജീസ് കണ്ണടച്ച് സമാധിയിലായി പിന്നെ പിതാവ് കുറിച്ച് വെള്ളം കൊണ്ടുവന്ന തലയിൽ ഒഴിച്ച് ബോധം വന്ന് അങ്ങനെയൊന്നും കൂടെ സംഭവിച്ചില്ല ഓ പ്രപഞ്ചം തിരിച്ചു വന്നു ഞാൻ ഇതുവരെ എവിടെയായിരുന്നല്ലോ എന്നൊന്നും പറഞ്ഞില്ല അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും എത്തിയില്ല ഇനി നവഹാരം ഒമ്പത് തവണ ചോദിക്കുന്നുണ്ട് അവിടെയെങ്കിലും നമുക്കത് കാണാൻ പറ്റത്തില്ല സേതം ചെയ്ത ഇവിടെ അപ്രത്യക്ഷനായെന്ന് കേട്ടുകഴിഞ്ഞു പറഞ്ഞു മനസ്സിലായി പക്ഷെ വീണ്ടും പറഞ്ഞല്ലോ ആ ബോധ്യപ്പെടലിൽ എന്തോ അവശേഷിക്കുന്നത് എന്തോ ഒരു പോരായ്മ ആ പോരായ്മയാണ് നമ്മൾ പറയുന്നത് അജ്ഞാനസം സിപര്യങ്ങൾ ഇതെന്താ വേറെ പോരായ്മ ഇതിനെ ഈ ടെക്നിക്കൽ വേദാന്തം എന്ന് പറയും സാങ്കേതിക വേദാന്തം മലയാളത്തിൽ പറയും ഈ സാങ്കേതിക വേദാന്തത്തിൽ ഒരുപാട് പറയും അസത്വപാതകം അഭാനാപാതകം മനഃപ്പാഠം ചെയ്യേണ്ട ഒരുപാട് പദങ്ങളുണ്ട് ഭാഷകാരന് അതിലേക്കൊന്നും പോകുന്നില്ല അത് വാസ്തവത്തിൽ മനഃപ്പാടം ചെയ്യേണ്ടതല്ല വിദ്വാന്മാർക്ക് അതിന്റെ മനഃപ്പാട് ആവശ്യം അവിദ്വാന മനഃപ്പാടം ചെയ്തോട്ട് പ്രയോജനം വരുന്നത് അതാണ് ഈ സാങ്കേതികവിദ ഇവിടെ അവിടേക്കൊന്നും കടന്നുപോകുള്ള കാര്യം നേരിട്ട് പറയുന്നു പക്ഷെ കേൾക്കുന്നവന് ആ പറയുന്നവന്റെ ഈർജിത്വം ഇല്ല മനസ്സിന് അല്ലേ ഇവിടെ സേതു വിധി തന്നെ ഗുരുകുലത്തിൽ പോയി സർവ്വശാസ്ത്രങ്ങളും പഠിച്ച് വേണ്ടത്ര ഔദ്ധ്യത്വത്തോടു കൂടിയാണ് വന്നത് അതുകൊണ്ടാണ് പിതാവിന് പരമാർത്ഥത്തെ ഉപദേശിക്കേണ്ടി വന്നു അങ്ങനെ ചില ദോഷങ്ങളുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ധരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ധരിച്ചാൽ നമ്മൾ ഇതുവരെ ധരിച്ചതുമായിട്ട് അതിനെ പൊരുത്തപ്പെടാൻ ശ്രമിക്കും പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും ഇതുവരെ എന്താണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് അതിനോട് പൊരുത്തപ്പെടാത്തതാണിത് സത്യം എന്ന് പറയുന്ന ഒരു വെളിച്ചമാണ് അത് ഒന്നിനോട് പൊരുത്തപ്പെടുന്നതല്ല നേരി നേരി നിഷേധിച്ചിട്ട് പ്രകാശിക്കുന്നതാണ് പക്ഷെ നമ്മുടെ അറിവിന്റെ ഒരു സ്വഭാവമാണ് ഒന്ന് കിട്ടിയാൽ മറ്റോട് യോജിപ്പിക്കും അത് ഇതിനോട് യോജിക്കുന്നതല്ല ആ യോജിപ്പിക്കുന്നിടത്താണ് തകരാറ് വരുന്നത് വൈരുദ്ധ്യങ്ങളെ എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും ഇന്നലെ ധരിച്ചത് പൂർണമായിരുന്നെങ്കിൽ ഇന്ന് ശ്രമിക്കേണ്ട കാര്യമില്ല ഇന്നലെ ധരിച്ചിൽ ഒരുപാട് അപാകതകളുണ്ട് പൊരുത്തക്കേടുകളുണ്ട് ഇന്ന് ധരിക്കുന്നതിന് നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പം അതും ദുഷിക്കും അങ്ങനെ ബന്ധപ്പെടുത്തുന്നു ഇതങ്ങനെയല്ല ആത്മാന്വേഷണം എന്ന് പറയുന്നത് അറിവിനെ വർദ്ധിപ്പിക്കുന്നതല്ല എവിടെ വെളിച്ചം വെളിച്ചം പ്രകാശിക്കുന്ന ഒരു കാത്തിരിപ്പാണ് വിമേഷണത്തെ തനു ഹിസ്വാം കഠോമനുഷ്യ ചർച്ച ചെയ്തു അത് കണ്ടെത്തലല്ല അതൊരു പ്രകാശിക്കലാണ് അതിനു വേണ്ടിയിട്ടാണ് പിന്നെയുള്ള അന്വേഷണം അല്ലാതെ തന്റെ അറിവിനെ തടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ പഠിച്ചതിനു കൂടി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോ അജ്ഞാന സംശയവിപര്യ നാശമെന്ന് പറയുന്ന അതാണ് ഏതൊരു വെളിച്ചത്തിലാണോ ഈ ഇരളി നശിക്കുന്ന ആ വെളിച്ചം കിട്ടും അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ചോദിക്കുന്നത് അത് സ്വാഭാവികമാണ് അങ്ങനെ സംഭവിക്കാം നമ്മുടെ ബുദ്ധിക്ക് അത്തരം ദോഷങ്ങളുണ്ട് അധ തമസി അതുകൊണ്ട് ഇതുവരെ കുറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊണ്ടും അല്ലയോ മകനെ പറയുന്നു നീ അതാണോ ആ സത്താണോ ഭൗതിക ഇത്യവും പ്രത്യായുധ പുത്ര ഇത്രയും വ്യക്തമായിട്ട് ഉദാഹരണസഹിതം വിശദമായി ബോധിപ്പിച്ചിട്ടും അവിടെ ആ ശ്രോതാവിന്റെ ഉള്ളിൽ പ്രത്യായുധ ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ വെളിച്ചം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ വെളിച്ചം വിളക്കിനെവിടെ കൊളുത്താൻ ശ്രമിക്കുക മറ്റെന്തെങ്കിലും അവിടെ സാധ്യമാവുക വെളിച്ചം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വിളത്തിനെ കൊളുത്തുക തീപ്പെട്ടിയെടുത്ത് വരയ്ക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഇടുക ലൈറ്റ് വരുക അതവിടെ പ്രകാശിപ്പിക്കും അന്ധക്കെണ്ണത്തിൽ പ്രകാശിക്കും അതാണ് പ്രത്യായുധ അങ്ങനെ പ്രകാശിപ്പിക്കാനുള്ളൊരു ശ്രമമാണത് പക്ഷെ പുത്രാഹ ഉത്തരം പറയുന്നു ഭൂയൈവമാ ഭഗവാൻ വിജ്ഞാപിച്ചു ഒരിക്കൽ കൂടെ ഒന്ന് കൊളുത്തണം ശരിക്കിത് കത്തിയില്ല കത്തുന്നില്ല എന്നാണ് അതിനെന്തെങ്കിലും പോരായ്മ വേണം ചിലപ്പം തീ ഉണ്ടായിരിക്കില്ല എണ്ണ ഉണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ ബൾബ് കാണത്തില്ല അവിടെ വെറും ഹോർഡറെ കാണത്തുള്ളൂ ചിലപ്പം കറണ്ട് കാണത്തില്ല സ്വിച്ച് മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനെ പല തകരാറുകളും വരാം അതുകൊണ്ട് പറയുന്നു ഭൂയയോമാ ഭഗവാൻ വിജ്ഞാപയതു നമ്മൾ പറഞ്ഞ ദോഷം തന്നെ യദ്ഭവദുഖം തത് സന്ദിഗം അതാണ് ഇതൊരു നമ്മൾ പറഞ്ഞ ദോഷത്തെ കുറിച്ച് പറയുന്നത് എന്താണോ അങ്ങ് പറഞ്ഞ സന്ദിഗം സംശയത്തിനായിപ്പോയി എന്നു കാരണം ഔദ്ധത്യം ഇരിക്കുകയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡിഗ്രി വാങ്ങി പി എച്ച് ഡി കഴിഞ്ഞാൽ വന്നത് അപ്പം പിന്നെ ഗുരുവായി ഇനി പിന്നെ എങ്ങനെ ശിഷ്യനാകും പറ്റില്ല തുടക്കത്തിൽ തന്നെ ഗുരുവായി കഴിഞ്ഞാൽ പിന്നെ ശിഷ്യനാകാൻ പറ്റത്തില്ല സന്ദിഗ്ധം ഇവിടെ കുത്തിരി അതെ പറ്റിയെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇർക്കു യേജസ് സാമു അഥറവും എല്ലാം പഠിച്ചു സ്വാമിയാരും ആയി പിന്നെ എങ്ങനെയാണ് ഗുരുവും ഭാവവും വേഷമെന്നാ മാറിപ്പോയില്ലേ ഇപ്പൊ ഗുരുവിന്റെ ഭാവം വന്നില്ലേ ഇനി അങ്ങനെ ഉള്ളിലിരുളാണ് പക്ഷെ പുറത്താരും അറിയുന്നില്ലല്ലോ മഹാഭാഗ്യം വളിച്ചമില്ല അവനവനെ അറിയാം കണ്ണടച്ച അറിയാം ഉള്ളിലിരുട്ടാണ് കാളരാത്രിയാണെന്നറിയാം മറ്റാരും അറിയാത്തത് മാന്യനായി നടക്കുക അല്ല മഹാത്മാവായി നടക്കുക തകരാറ് പക്ഷെ പറയുന്നുണ്ട് ജിജ്ഞാസമായതുകൊണ്ട് എല്ലാം തികഞ്ഞവനായിരുന്നെങ്കിലും പറയുന്നത് തസന്തി അത് കുറച്ച് സംശയമുണ്ട് കുറച്ച് സംശയം അവശേഷിക്കുന്നുണ്ട് തത്വമസീന്ന് പറഞ്ഞത് നീ ആ സത്താണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഭൂയ ഭഗവാൻ വിജ്ഞാപ ചെയ്തു ഇത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിത്തരണം